പിന്നീട് അവർ മാപ്പു ചോദിക്കുകയും ഞങ്ങളുടെ പിതാക്കന്മാരെ പ്രയാസങ്ങളും സന്തോഷങ്ങളും ബാധിച്ചിരുന്നു എന്നു പറയുകയും ചെയ്തപ്പോൾ തിന്മയ്ക്കു പകരം നന്മയെ നാം അവിടെ പ്രതിഷ്ഠിച്ചു തുടർന്ന് അവർ അറിയാത്ത നേരത്ത് നാം അവരെ പെട്ടെന്ന് പിടികൂടി